ഹജ്ജും റുംറയും അള്ളാഹു സുഹാനഹു വാലാവിനായി പൂർത്തിയാക്കുക എന്നാൽ നിങ്ങൾ തടയപ്പെട്ടാൽ ലഭ്യമായ ബലിമൃഗത്തെ അർപ്പിക്കുക ബലിമൃഗം അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതുവരെ നിങ്ങളുടെ തലമുണ്ടനം ചെയ്യരുത് നിങ്ങളിൽ ആരെങ്കിലും രോഗിയാവുകയോ തലയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയോ ചെയ്താൽ നോമ്പോ ധാനമോ ബലിയോ വഴി ചെയ്യുക പിന്നീട് നിങ്ങൾ സുരക്ഷിതരായാൽ റംബ്രയെ ഹജ്ജുമായി കൂട്ടിച്ചേർത്തവൻ ലഭ്യമായ ബലിമൃഗത്തെ അർപ്പിക്കട്ടെ അതിന് സാധിക്കാത്തവൻ ഹജ്ജ് വേളയിൽ മൂന്നു ദിവസവും വന്ന മടങ്ങിവന്നശേഷം ഏഴു ദിവസവും നോമ്പു നോൽക്കട്ടെ അങ്ങനെ ആകെ പത്ത് പൂർണ്ണ ദിവസങ്ങളാകുന്നു മസ്ജിദുൽ ഹറാമിങ്കൽ താമസക്കാത്തവർക്കാണ് ഈ വിധി നിങ്ങൾ അള്ളാഹു സുബഹാനഹൂവ തയാലാവിനെ ഭയപ്പെടുക തീർച്ചയായും അള്ളാഹു സുബഹാനഹൂവ തയാല കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്ന് നിങ്ങളറിയുക